നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങളിൽപ്പെട്ട ഒരാൾ വഴി നിങ്ങളിലേക്ക് വന്നതിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടോ നിങ്ങളെ താക്കീത് ചെയ്യാനാണത് നുഹലഹിസലാമിന്റെ ജനതയ്ക്കുശേഷം നിങ്ങളെ പ്രതിനിധികളാക്കിയതിനെക്കുറിച്ചും സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് വിശാലത നൽകിയതിനെക്കുറിച്ചും നിങ്ങൾ ഓർക്കുവീൻ അതിനാൽ അള്ളാഹു സുബാനഹു വയാലായുടെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുവീൻ നിങ്ങൾ വിജയിച്ചേക്കാം